വൈഭവോ യഞ്ചജനപക്ഷ വ്യാദൃ വിശ്വാസാഭാ വിധിതൃശ്ച പ്രമാണി യോഗ്യാത്മസ്വരബിന്ദുപുന്തരണസിംഹാന ചൂടാമനി യോ ദൈദക്ഷിണാമൂർത്തി വ്യാശം ചരശം നാനോത്തമാഖ്യം തദ്വന്ദേ അഖ്യാനന്ദോ വിതരെയർ ഭ്രാത്തധ്യന്തവാചാ കിട്ടേ ചിത്സുഖമുനീപിതാ വിദുഷാർ മോഹാമലാ നമസ്കോ നിഷിന്ധാവിന്ദ്രക ചിത്രൂപത്വം കൊണ്ട് ആത്മാവിൽ ആദ്യത്തെ അനുമാനം ആർക്ക് ഭകരം പ്രത്യനുമാനം എന്താണ് അനുമാനം എന്താണ് ദൃഷ്ടം സംവേദനം പക്ഷം സത്യം രൂപം കേട്ടുകഴിഞ്ഞാൽ എന്ത് ജ്ഞാനമാണുണ്ടാകേണ്ടത് എന്താണ് എന്താണ് എങ്ങനെയുണ്ടാവും എങ്ങനെയായിരിക്കുന്ന പക്ഷത്തിൽ പക്ഷത്തിൽ സാധ്യമുണ്ടെന്നുള്ള ജ്ഞാനം ഉണ്ടാവും അപ്പൊ ഇവിടെ ഉണ്ടാകേണ്ട ഞാനും എന്താണോ ആത്മാവിൽ സംവിധ്രൂപത്വം എന്ന് വെച്ചാൽ ആത്മാവിണോ പ്രഭാകരന്മാർ ആത്മാവിനെ സംവിധ്രൂപമായി സ്വീകരിക്കുന്നുണ്ട് അവര് ആത്മാവ് പേരെ സംവിത്വ എന്നാ അവരൊന്ന് സ്വീകരിക്കുന്നുണ്ട് എന്താണോ സംവിത് കർമ്മദാം അന്തരേണ സംയു ആശ്രയത്വനാണ് ആത്മാവിന്റെ അവരോഷത്വം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് സംയുത് കർമ്മീണ ഈ ഹേതുപക്ഷത്തിലുണ്ടോ എന്ന് നോക്കണം ആദ്യം നോക്കേണ്ടതാണ് ഹേതുപക്ഷത്തിലുണ്ടോ പക്ഷേ ഏതാണ് അതിൽ സംയുത് കർമ്മത്വരേണ രഹിതത്വ വിശിഷ്ട അവരോഷത്വം അല്ലെങ്കിൽ സംയുക് കർമ്മത്വഭാവവിശിഷ്ടം സംയത് കർമ്മത്വ അഭാവവിശിഷ്ടം സംയുദ് കർമ്മത്വഭാവം ഇപ്പോ ഹേ സാധ്യമെന്ന് പറയുന്നതും പക്ഷത്തെ വിശേഷിപ്പിക്കുകയാണ് വന്നിമാൻ പർവത സാധ്യം പക്ഷത്തെ വിശേഷിപ്പിക്കുന്നു വിശേഷണം അതുപോലെ തന്നെ ഹേതു ഹേതുമാൻ പർവ്വത എന്ന് പറയുമ്പോൾ എന്തോ വിശേഷം ഏതുമാൻ ധൂമവാൻ പർവ്വതന്ന് പറഞ്ഞാൽ എന്താണ് ധൂമം പർവ്വതത്തെ വിശേഷിപ്പിക്കുകയാണ് ദവാൻ ദേവദത്താന്ന് പറഞ്ഞാൽ ദണ്ഡം ചെയ്യുന്നു ഇവിടെ ഹേതുവിനെ പക്ഷത്തിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ പക്ഷത്തിന് ഹേതുവിശേഷണമാണ് അപ്പൊ അവിടെ രണ്ട് വിശേഷണമാണോന്നെ രണ്ടെണ്ണം ചേർത്ത് പറഞ്ഞിരിക്കെന്താണ് സംയുത്കർമ്മ സംയുത്കർമ്മത്വ അഭാവവും അപരോക്ഷം അപരോക്ഷത്വത്തിന്റെ അർത്ഥം പറഞ്ഞു എന്താണോ അപരോക്ഷവും അപരോക്ഷ വ്യവഹാര വിഷയത്വവും എവിടെ വരണം അതിനാ രണ്ടെണ്ണം പറഞ്ഞത് സംയുത്കർമ്മത്വ അഭാവം എന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും പറയുന്നത് അപരോക്ഷ വ്യവഹാര വിഷയത്വം അപരോക്ഷ്യവഹാര വിഷയത്വം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അപരോക്ഷ വിഷയത്വം എവിടെയുണ്ട് നമുക്ക് ഹേതുവിനെവിടെയാ വയ്ക്കേണ്ടത്മാവോക്ഷ വ്യവഹാര വിഷയത്വം മാത്രം പോരാ കർമ്മത്വഭാവം അത് പ്രഭാകരന്റെ സമ്മതമായിരിക്കുന്ന അനുമാനം ഭഗവാന്റെ അഭിപ്രായത്തിൽ എന്താണ് സംയുക്ത അപരോക്ഷത്മാവിനുണ്ട് ഘടത്തിലുണ്ടാ എന്തുകൊണ്ട് സംയുത്കർമ്മം ഘടത്തിൽ വരും അപ്പൊ സംയുത്കർമ്മ വിശിഷ്ട ജ്ഞാനത്തിന്റെ കർമ്മമാണ് ഘടം ഇവിടെ സംയുത്കർമ്മത്വ അഭാവ വിശിഷ്ട ും ഇവിടെ അപരോക്ഷ വ്യവഹാര വിഷയത്വം എന്ന് പറയുന്ന പരം അപരോക്ഷജ്ഞാനത്വം എന്ന് പറഞ്ഞാൽ എന്ത് ദോഷം വരും അപരോക്ഷം എന്ത് ദോഷം വരും അസിതു പക്ഷത്തിൽ ഇല്ലാതെന്ന് കഴിഞ്ഞാൽ എന്തുവരും സ്വരൂപാസിദ്ധി എന്താണ് ലക്ഷണം പറഞ്ഞത് സാധനവൈകല്യം സ്വരൂപാസിദ്ധിക്ക് എന്താ പറഞ്ഞത് സ്വരൂപരക്ഷണം തർക്കസം പറഞ്ഞത് തർക്ക പറഞ്ഞ സ്വരുവാസിദ്ധി അതാണ് പറഞ്ഞത് പക്ഷേ ഹേതു ശബ്ദോ ഗുണ അത്ര ക്ഷുഷത്വം ശബ്ദി ശബ്ദേനാസ് അറിഞ്ഞിരിക്കണം അതറിഞ്ഞിരുന്നാലും ഇത് മനസിലാക്കാൻ എളുപ്പമാണ് അപ്പോ അപരോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ദോഷം വരും സുരവാസി വരും പക്ഷത്തിന് ഏതു ഇരിക്കത്തില്ല മറ്റേ ദോഷം എന്തിനാ പറഞ്ഞേത് എന്താ എങ്ങനെ വന്നു ഇവിടെ എന്ത് പറഞ്ഞപ്പോഴാ ദോഷം വന്നു ജ്ഞാന വിഷയത്വം അപരോക്ഷ ജ്ഞാന വിഷയത്വം എന്ന് പറഞ്ഞാൽ എന്തുവരും സംവേദനമായ എന്താണ് പിന്നെ ദൃഷ്ടാന്തം സംവേദനം സംവേദനത്തിൽ അപരോക്ഷജ്ഞാന വിഷയത്ത് എന്തുകൊണ്ട് വരുന്നില്ല അംഗീകരിക്കത്തില്ല എന്തുകൊണ്ട് ഞാനും സ്വയം പ്രകാശമുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മ വേണം സ്വയം പ്രകാശം കൊണ്ട് എന്താണ് അപരോക്ഷജ്ഞാന വിഷയത്തോടെ സ്വീകരിക്കുന്നത് അപ്പോ അപരോക്ഷജ്ഞാന വിഷയത്വം ഴിഞ്ഞാൽ ദൃഷ്ടാന്തത്തിൽ സാധനവൈകല്യം എന്താണ് സാധനവൈകല്യം എന്ന് പറഞ്ഞാൽ അതെന്താണ് സംഗതി അത് ശരിയാവത്തില്ല ഇനി അപരോക്ഷ ജ്ഞാനത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ സംയുത്കർമ്മ ഇതെല്ലാം വ്യാഖ്യാനത്തിലുണ്ട് നിങ്ങളെ കുറിച്ച് ചോദിക്കണമെന്നൊന്നും എല്ലാ വ്യാഖ്യാനം വായിച്ചു നോക്കുക അതിലുള്ളത് ഞാൻ പറയുന്ന കർമ്മത്വ അഭാവ വിശിഷ്ടഭാവം ഒന്നും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ എവിടെ പോവും എന്നാൽ പിന്നെ സംയുത് കർമ്മത്വഭാവം ഒന്ന് മാത്രം ചേർത്താമതി എന്താ വിഷയത്വം പെടുക ഇത് മാത്രം എന്നുവെച്ചാൽ അവരോക്ഷ വിഷയത്വത്തിന്റെ പ്രയോജനം എന്താണ് സംയത് കർമ്മത്വ അഭാവം വിശിഷ്ടം എന്ന് പറയുമ്പോൾ അതീത അനാഗതങ്ങളൊന്നും വരത്തില്ല കഷ്ണം പോകത്തില്ല എന്തുകൊണ്ട് അതൊന്നും സംയു അതീത അനാഗതങ്ങളൊക്കെ സംയുത്തിന് വിഷയമാണ് പക്ഷെ സംയുത്തിന് കർമ്മം എന്നുണ്ട് വർത്തമാനമായ വർത്തമാനത്തിലുള്ള വിഷയങ്ങളാണ് ജ്ഞാനത്തിന് കർമ്മമാകും മറ്റേ ജ്ഞാനത്തിന് വിഷയമാണെങ്കിലും കർമ്മമാകുന്നില്ല എന്തുകൊണ്ട് പ്രത്യക്ഷമില്ല വസ്തുല്ല ഇവിടെ ഇല്ലാത്തെങ്ങനെ കർമ്മമാകും അതീത അനാഗത വിഷയങ്ങൾ വർത്തമാനത്തിലുണ്ടോ ഇല്ലാത്തെങ്ങനെ കർമ്മമാകും കർമ്മമാകത്തില്ല കർമ്മത്വത്തിനൊരു പദാർത്ഥം വേണം മനസ്സിലായോ അങ്ങനെ ഒരു പദാർത്ഥം ഇല്ലെങ്കിൽ അത് കർമ്മമാത്രോക്ഷ വ്യവഹാര വിഷയത്വം എന്ന് ചേർത്തില്ലെങ്കിൽ എന്തുവരും അതീത അനാഗാരത്തിൽ എന്ന് വെച്ചാൽ ഏതുപക്ഷത്തിലല്ല ഇരിക്കുന്ന വേറെ പോകും മറിച്ച് സംയുക് കർമ്മദാവ വിശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പറഞ്ഞോ അപരോക്ഷ വ്യവഹാര വിഷയത്വം എന്ന് മാത്രം പറഞ്ഞാൽ അതീതങ്ങളിൽ ഘടാദികളിൽ അപരോക്ഷ വ്യവഹാര വിഷയത്വം ഘടാദികളുടെ ലക്ഷണം ഇവിടെ തന്നെ നിർത്തണം ഏതുവിനെ ഇവിടെ പക്ഷത്തിൽ അങ്ങനെന്ത് പറഞ്ഞു അപ്രോക്ഷ്യവഹാര വിഷയത്വം സംയുക് കർമ്മ സംയുക്ത അന്തരാവ വിശിഷ്ട സംരേണ അപരോക്ഷ വിവഹാര വിഷയത്വം അപ്പോ പക്ഷത്തിൽ ഹേതു വന്നു പക്ഷത്തിൽ ഹേതു വരുന്ന മാത്രം പോരാ വ്യാപ്തിക്ക് നിശ്ചയം വരണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം രണ്ടും വേണം ഏതും വേണം സാധ്യം ദൃഷ്ടാന്തം എന്താണ് ഇവിടെ സാധ്യമെന്താണ് സംവിത്വം സംയുത്വം എന്നുവെച്ചാൽ സംവേദനത്വം തന്നെ സംവേദനത്തിൽ സംവേദനത്വം ഉണ്ടാ ഉണ്ടാ ഫുഡ് ഉണ്ട് അപ്പൊ സാധ്യമൊന്ന് ഏതും എന്താണ് സംവിധാനം സംയുത്വാന്തരീണ അപരോക്ഷ വ്യവഹാര വിഷയത്വ വിഷയത്വം ഉണ്ടോ സ്വയംപ്രകാശം അത് നേരത്തെ പറഞ്ഞു സംവേദനത്തിൽ സംയുദ് കർമ്മത്വം ഇല്ല അതിന്റെ ആവശ്യമില്ല പിന്നെ അപരോക്ഷ വിവഹാര വിഷയത്വം ഉണ്ട് അപരോക്ഷമാണ് എന്നുള്ള ശബ്ദപ്രയോഗത്തിന് അത് വിഷയമാണ് അപരോക്ഷം എന്ന് പറയുന്ന ശബ്ദപ്രയോഗത്തിന് വിഷയമാണെന്ത് അപരോഷമാണോ സംവേദനം സംവേദനം പ്രത്യക്ഷമാണോ ഹേതു സാധ്യവും ദൃഷ്ടാന്തത്തിൽ വന്നു സാധ്യമെന്താണ് ഹേതു എന്താണ് സംയുക്തമന്ത്രിയുടെ പരോക്ഷ ഇത്രയും വന്നു കഴിഞ്ഞാൽ അതായത് ഹേതു പക്ഷത്തിലുണ്ട് ഹേതവും സാധ്യവും ദൃഷ്ടാന്തത്തിന് വന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം സാധ്യം പക്ഷത്തിലുണ്ട് എന്നുള്ള ഞാനുണ്ടാവും എന്നുവെച്ച അനുമതി ഞാനുണ്ടാവും മനസിലായോ പർവ്വതോ വന്യുമാൻ ധൂമാന്ന് പറയുമ്പോ ധൂമവും മന്യയും മഹാന്സത്തിലുണ്ടെന്ന് ഉറപ്പിക്കുകയും ധൂമം പർവ്വതത്തിലുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഞാനുണ്ടാവും അതോർത്താമോ പക്ഷേ പർവ്വതോ ദുമവാൻ വന്നേഹേ യഥ മഹാനസം എന്ന് പറയുന്നിടത്ത് വന്നി പർവ്വതത്തിനുണ്ടെന്ന് ഉറപ്പിച്ചു ഹനുമാനം മനസ്സിലായോ പർവ്വതോ ർവതത്തിൽ വന്യുണ്ടെന്ന് ഉറപ്പിച്ചു എന്നുവെച്ചാൽ ഹേതു പക്ഷത്തിനുണ്ട് മഹാനസത്തിൽ ഹേതുവും സാധ്യമുണ്ട് ഹേതുവായ വന്യിയും ധൂമുണ്ട് എന്നുറപ്പിച്ചു കഴിഞ്ഞാൽ പർവ്വതോ എന്തുകൊണ്ട് ദോഷമുണ്ട് ഹേത്താശ് എന്ത് ഹേത്വാകാശം വന്നുപക്ഷ സപ്രതിപക്ഷണോ എന്ത് ഹേത്സം വന്നു അണേകാന്തി പോരാ കർദ്ധസംഗ്രഹം പോരാ ഇവിടെ അനുമാനങ്ങളൊക്കെ വരും തർക്കസംഗ്രഹും കയ്യിൽ വേണം കയ്യില് പോരാ മനസ്സിൽ വേണം മനസ്സിൽ പോരാ ഹൃദയത്തിൽ വേണം സ്വാഭാവിക സ്വാഭാവികൻ സ്വാഭാവികനാണോ അതറിയാവുന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു തന്നപ്പോൾ ഹനുമാനപ്രയോഗം കേട്ടു പക്ഷത്തിൽ ഹേതു കൊണ്ടെന്ന് ഉറപ്പിച്ചു ദൃഷ്ടാന്തത്തിൽ സാധ്യവും ഹേതു കൊണ്ടെന്ന് ഉറപ്പിച്ചാലും അനുമതി ഞാൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം സത്യപാസന്നുകൂടെ ഉറപ്പിക്കുന്നു നല്ല അനുമതി ഞാനുണ്ടാവും ഏത് ഉണ്ടെങ്കിൽ അനുമതി ഉണ്ടാകരുത് ഇവിടെ ഇപ്പൊ ഹേത്വഭാസം ഒന്നുമില്ല ഒരേ ഹേത്തുവാസം ഇല്ല വരുന്നെങ്കിൽ അപ്പൊ നോക്കാം ഇപ്പൊ പ്രവാഹന ഉറപ്പായി എന്താണ് ആത്മാവ് ജ്ഞാനമാണ് ഇതാണ് സമർത്ഥിക്കേണ്ടത് മനസിലായോ പ്രഭാകരണം കൊണ്ട് സമ്മതിപ്പിക്കേണ്ട കാര്യം എന്താണ് ആത്മാവ് അവരുടെ നിയമങ്ങളെല്ലാം സ്വീകരിച്ചല്ലോ എന്താണ് സംയത് കർമ്മദാം അന്തരീണ പരോക്ഷ വ്യവഹാര വിഷയത്വം അതല്ലേ അവർക്ക് വേണ്ടത് അത് സ്വീകരിച്ചല്ലോ സംവേദനത്തിൽ അവരെന്തൊക്കെയാ പറയുന്നത് അത് സ്വീകരിച്ചു ആത്മാരൂപം ആത്മാവ് സമ്മദ്ധരൂപമാണ് ആത്മാവ് ഞാൻ രൂപമാണെന്നുള്ള അവർക്ക് സമ്മതമായ രീതിയിൽ എന്താ നിങ്ങക്ക് അദ്വൈതി നോക്കാതോട് സമ്മതമില്ലേ യോജിപ്പല്ലേ ഏ നീപ്പ പറയണം ക്രിസ്തു ആചാര്യൻ പറഞ്ഞതിനോട് ഞാൻ യോജിപ്പില്ല ഉടൻ പറയണം യോജിച്ചോ യോ യോജിച്ചാലും ഇങ്ങോട്ട് പോകാൻ പറ്റും ആത്മാ സംവിധം എന്ന് ശ്രദ്ധിച്ചു അതിനോട് പറഞ്ഞിരിക്കുന്നു ആത്മാരൂപ സംവിത് കർമ്മ മന്ദിരേണോ സംവേദനവത് ഇതി പ്രഭാകരം പ്രതിമാനം അനുമാനം ഇനി നയ്യായികനു വേണ്ടിയത് അടുത്ത സാധനം വരുന്നെന്താണ് ഘട ഇത് ശ്രദ്ധിക്കണം തലതിരിഞ്ഞു കൊന്ന സാധനം പക്ഷവും സാധ്യവും ഹേദവും ദൃഷ്ടാന്തവും വ്യക്തമായി മനസ്സിലാകണം ഘടതജ്ഞാനയോ സംബന്ധ ആദ്യ ഇത് തന്നെ വിശ നോക്കുക ബാക്കി അങ്ങോട്ട് പിന്നെ വരാ ഘടവും തജ്ഞാനവും എന്ന് വെച്ചാൽ ഘടകവും തമ്മിലുള്ള സംബന്ധം എന്ന് വെച്ചാൽ ഒരാൾക്ക് അയം ഘടകാന്ന് ഞാൻ ഞാനുണ്ടായിക്കഴിഞ്ഞാൽ ഘടവും ഞാനും തമ്മിൽ പുറത്തിരിക്കുന്ന ഘടകവും ഉള്ളിലിരിക്കുന്ന ഞാനും തമ്മിൽ സംബന്ധമുണ്ടാകും ഈ സംബന്ധത്തിന്റെ പേരാണ് വിഷയവിഷയിത്വ സംബന്ധം വിഷയ വിഷയി വിഷയിത്വ സംബന്ധം എന്ന് പറയുന്ന ഞാൻ പറയുമ്പോൾ ബസ്സവും വായിച്ചോണ്ടിരിക്കരുത് പിന്നെ അവസാനം വായി വിളിച്ചിരുന്ന് എന്നോട് വേറെ ചോദിക്കാം പറയുമ്പോൾ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ എവിടെ നോക്കിയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു പറയുന്നു അപ്പൊ പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടും അപ്പൊ വിഷയവിഷയത്വ സംബന്ധം എവിടെയിരിക്കുന്നു എല്ലാ പറയുന്നു പറയുന്ന ശ്രദ്ധിച്ചിരിക്കുന്നു ജ്ഞാനത്തിനും ഘടത്തിലും ഇരിക്കുന്നു എന്ത് സംബന്ധം അതുകൊണ്ടാണ് രണ്ടില്ല സംബന്ധം ഉഭയനിഷ്ഠമാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സംബന്ധം ഉഭയനിഷ്ഠമായിട്ടേ ഇരിക്കുന്നു ഘടത്തജ്ഞാനയോഹോ സംബന്ധ ഘടത്തിലുമുണ്ട് ജ്ഞാനത്തിലുണ്ട് ഇതാണ് ഇവിടുത്തെന്ത്ക്ഷം അടുത്തെന്താ പറയുന്നത് സാധ്യം എന്താണ് ആത്മനിഷ്ഠം എന്താണ് ഈ ആത്മനിഷ്ഠം എവിടെ വരണം എവിടെ ഘടകജ്ഞാന ഘടനത്തിൽ ആത്മനിഷ്ഠത്വം വരണം ഇത് വളരെ ശ്രദ്ധിക്കുന്നു ഏത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാണ് ഈ ജ്ഞാനനിഷ്ഠത്വം എന്ന് പറയുന്നത് എവിടെ വരണം ക്ഷം എന്താണ് ഘട തജ്ഞാനോഹോ സംബന്ധ അതില് ജ്ഞാനനിഷ്ഠത്വം വരണം മനസ്സിലായല്ലോ ഏതില് ഏത് വരണം ഘടകജ്ഞാനോഹോ സംബന്ധത്തിൽ വരണം പറയുന്നത് വിഷയവിഷയി സംബന്ധമാണ് വിഷയവിഷയത്വം എന്ന് പറയുന്ന സംബന്ധം അല്ലെങ്കിൽ ഘടകജ്ഞാനയോ സംബന്ധം എന്ന് മനസ്സിലാക്കിയാലും മതി അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയവിഷയിത്വം അതിലെന്ത് വരണം ജ്ഞാനനിഷ്ടത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദഹിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ജ്ഞാന വൃത്തിത്വം എന്ന് മനസ്സിലാക്കിയാലും മതി മനസ്സിലായോ ജ്ഞാനനിഷ്ഠത്വം എന്നും പറയാം ജ്ഞാന വൃത്തിത്വം എന്ന് പറഞ്ഞാലും അപ്പൊ ഈ സാധനം ഇവിടെ വൃത്തിയാണെന്നും പറയാം ഇവിടെ നിഷ്ഠമാണെന്നും പറയാം അപ്പൊ അത് ഒരു സ്റ്റെപ്പായിട്ടും മനസ്സിലാക്കണം ായിരിക്കുന്നത് എവിടെയൊക്കെ അപ്പോ ഈ സംബന്ധം നിഷ്ഠമാണ് അല്ലേ ആണല്ലോ എവിടെ വരും ും വരുന്ന എന്തുകൊണ്ട് ജ്ഞാനത്തിന്റെ വിഷയമാണ് ആ സംബന്ധം ഉഭയനിഷ്ഠമായതുകൊണ്ട് ആ ഉഭയസംബന്ധമായതുകൊണ്ട് അതുകൊണ്ട് വരും മനസ്സിലായോ പറഞ്ഞു മനസ്സിലായോ സംബന്ധത്തിൽ ജ്ഞാനനിഷ്ഠത്വം വരുന്നതിന് കാരണം കൊണ്ട് വാദ്യം ഇങ്ങനെ മനസ്സിലാവണം സമം സംബന്ധം ഇതുവരെ പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നവർക്കേ പറയാൻ പറ്റൂ സംബന്ധം സമം സംബന്ധമെന്ന് പറയുന്നത് ജ്ഞാനനിഷ്ഠമാണ് രണ്ടു ഒന്നു തന്നെ അല്ലേ സംബന്ധമെന്ന് പറയുന്നതാണെന്ത് ജ്ഞാനനിഷ്ഠം എന്നുവെച്ചാൽ ജ്ഞാനവൃത്തി അതിനു തൽക്കാലം മുട്ടക്കിയ നമുക്കിപ്പോ എന്താ വേണ്ടത് ഹേതു എന്താണ് ഹേതു എന്ന് പറയുന്നത് ഘടനിഷ്ഠ അപ്പൊ ഹേതുവിനെവിടെ കൊണ്ടുവരണം ആവശ്യമില്ലാതെ ചിന്തിച്ച് പാടുകയറിപ്പോ ആവശ്യമുള്ളതിനെ ചിന്തിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഹേതുവിനെ പക്ഷത്തിലാണ് വരുത്തേണ്ടത് എന്തു പറയും ആണെങ്കിൽ ത്വം ചേർക്കുന്നു അപ്പോ പക്ഷം ആ സംബന്ധം എന്താണ് പക്ഷോ എന്താണ് സംബന്ധം എന്താണ് സംബന്ധം വിഷയവിഷയത്വ വിഷയവിഷയിത്വത്തിൽ വിഷയവിഷയത്വത്തിൽ എന്ത് വന്നു ഞാനനിഷ്ഠം ഒരു ത്വം അതിന്റെ പുറത്തെന്ത് ചെയ്തു വേറൊരു വേറൊരു ത്വം വന്നു ഡബിൾ ത്വം അടിയിലത്വം ഏതാണ് മേണ്ടതത്വം ഏതാണ് മാറിപ്പോയത് മേളിലിരിക്കുന്ന തൊമ്മിനെ അടിയിലാക്കി അടിയിലെത്ത തൊമ്മിനെ മേളിൽ കഴിഞ്ഞാൽ അത് വരരുത് എപ്പോഴും അടിയിലിരിക്കുന്ന തൊമ്മ ഏതാണ് വിഷയവിഷീ വിഷയപക്ഷീത് സംബന്ധം ആണ് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞു അതിലെന്തിരിക്കുന്നു പക്ഷത്തിൽ ഹേതു വരത്തുള്ളൂ അപ്പോൾ ഒരു ജോലി കഴിഞ്ഞു പക്ഷത്തിൽ ഹേതു വന്നു കഴിഞ്ഞു ഇനി എന്താ വരേണ്ടത് സിദ്ധാന്തത്തിൽ ൃഷ്ടാന്തം എന്താണ് ഞാനും ഇഷ്ടം പദവിഷയത്വം പദസ വിഷയ പദവിഷയത്വ പദവിഷയത്വം എവിടെ വരും ഘടകത്തിൽ പദത്തിന്റെ വിഷയത്തിൽ വരും എന്ന് പറഞ്ഞ പദാർത്ഥത്തിൽ എന്ന് പറഞ്ഞ ഇവിടെ ഘടത്തിൽ പദവിഷയത് വരും സപ്തപദാർത്ഥം അങ്ങനെ പറയണത് ഉത്തരം പറയുന്നത് കറക്റ്റ് ആയിരിക്കും സപ്തപദാർത്ഥങ്ങളിൽ എന്ത് വരുന്നോ പദവിഷയത്വം അഭിധേയത്വം അത് അപ്പോ പക്ഷേ ഇവിടെ എന്താ വരേണ്ടത് പദവിഷയത്വ എവിടെ വരുന്നു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് വിനയ വിഷയത്തിൽ പദവിഷയത്വത്തിൽ ഹേതു സാധ്യമുണ്ടോന്നുള്ള അപ്പൊ ഹേതു എന്താണ് ഞാൻ നിഷ്ടത്വം പദവിഷയത്വത്തിൽ ഉണ്ട് വളരെ സ്പഷ്ടമാണ് സ്പഷ്ടമായി എങ്ങനെ ആ അപ്പൊ തിരുമില്ല എങ്ങനെ ശരിയാണ് എല്ലാം പ്രമേയമാണ് അതുകൊണ്ട് ഇവിടെ ഹേതു എന്താണ് ഞാനവിഷയത്വമാണ് ആ അതാ പറഞ്ഞത് ആവേശം കാണിച്ചാ പോയി ഞാന വിഷയത്വത്തെ കുറിച്ചല്ല പറയുന്നത് പിന്നെയോ ഞാനനിഷ്ഠത്വമാണ് പദവിഷയത്വമാണ് പറഞ്ഞത് പദവിഷയത്വം എല്ലായിടത്തും വരും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ പദവിഷയത്വത്തിൽ ഞാനിഷ്ടത്വം വരണം ഇവിടെ പദവിഷയത്വത്തെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടോ പദവിഷയത്വത്തിൽ ഞാൻ അനിഷ്ടത്വം വന്നു എന്നാ ചോദിച്ചത് എന്നോ പദവിഷയം പദവിഷയവും പദവിഷയത്വത്തിന്റെ അല്ല പദവിഷയത്വത്തിൽ ഞാൻ അനിഷ്ടത്വം വേണം മനസ്സിലായോ പദവിഷയത്വത്തിൽ നിഷ്ടത്വം പറയണം ഞാനനിഷ്ട പദവിഷയങ്ങളെല്ലാം ചാരതിഷ്ടമാണ് പദവിഷയങ്ങളെല്ലാം ചാരത് ഇഷ്ടമാണ് പദവിഷയത്തിലെല്ലാം ഞാൻ നിഷ്ടം അതെങ്ങനെ പദവിഷയം ചാരത്തിൽ പദവിഷയത്വത്തിൽ ഞാൻ നിഷ്ടത്വം പറയണം ഞാനനിഷ്ടത്വം പറയണം പദവിഷയങ്ങളിലെല്ലാം ജാരതിഷ്ടം ഉണ്ടാകണം പദവിഷയങ്ങളിലെല്ലാം ജാതിഷ്ട പദവിഷയങ്ങളിൽ ഞാനനിഷ്ടോ അതങ്ങനെ പദവിഷയത്വം കുറിച്ച് ഞാനും അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോണം ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആവേശം കാണിക്കിടിച്ചാൽ ദഹിക്കെ സ്ലോവിൽ പദവിഷയത്വത്തില് ജ്ഞാനനിഷ്ഠത്വം വേണം അതാ എങ്ങനെയെന്നാ ചോദിക്കുന്നു പദവിഷയമായിട്ടെടുത്താൽ ജ്ഞാനത്തിന് പദവിഷയമായിട്ടെടുത്താൽ അപ്പൊ ആദ്യം ഒന്നാമത്തെ ക്യാഷ് എന്താണ് പദവിഷയത്വം പദവിഷയം ജ്ഞാനം പദവിഷയമാണോ ഏ അതാണ് കാരണം എല്ലാം പദത്തിന് വിഷയമാകുമ്പോൾ ജ്ഞാനവും പദവിഷയമാകുന്നു എങ്ങനെ ജ്ഞാനം എന്ന് പറയുന്ന പദത്തിന് വിഷയമാണ് അപ്പൊ ജ്ഞാനം പദവിഷയുമായി ഒന്ന് പദവിഷയം ഇത് ഉറപ്പിക്കണം രണ്ടാമത്തത്വം രണ്ടാമത്തത് രണ്ടാമതോടെ വരുന്നത് ജ്ഞാനനിഷ്ഠമാണ് ആദ്യത്തെ കഴിഞ്ഞ് ജ്ഞാനം പദവിഷയം രണ്ടാമത് ജ്ഞാനനിഷ്ഠം എന്തായി പദവിഷയത്വം ജ്ഞാനനിഷ്ഠ ജ്ഞാനവൃത്തിയെന്നോ എടുത്തു ജ്ഞാനം പദവിഷയമാണെങ്കിൽ ജ്ഞാനത്തിൽ പദവിഷയത്വം വരുന്നു സിമ്പിൾ ജ്ഞാനം പദവിഷയമാണ് ജ്ഞാനം സമം പദവിഷയമാണെങ്കിൽ പദവി രണ്ടാമത്തെ സമം പദവി പദവി പദവിഷയത്വം സമംനിഷ്ഠം ജ്ഞാനിഷ്ടൂന്നാമതെന്ത് വരണം പദവിഷയത്വ ജ്ഞാനനിഷ്ഠത്വം മൂന്ന് ഉറപ്പായിട്ടും വരും എന്തുകൊണ്ട് പദവിഷയത്വം നേരത്തെ തന്നെ ഒന്ന് എന്താണ് ജ്ഞാനനിഷ്ഠം ആണെങ്കിൽ പദവിഷയത്വവും ജ്ഞാനനിഷ്ഠവും ഒന്നാണെങ്കിൽ പദവിഷയത്വത്തിൽ ജ്ഞാനനിഷ്ഠത്വം ോ ജ്ഞാനനിഷ്ഠത്തിൽ പദവിഷയത്വം വരൂ വരും പക്ഷെ അത് നമുക്കിവിടെ ആവശ്യമില്ല പദവിഷയത്വം എല്ലായിടത്തും വരത്തില്ലേ പദവിഷയത് അപ്പൊ ജ്ഞാനനിഷ്ഠത്വം എന്ന് പറഞ്ഞാലും വരും നമുക്കതിന്റെ ആവശ്യമില്ല നമുക്ക് വേണ്ട എന്താണ് നമുക്ക് വേണ്ട എന്താണ് പദവിഷയത്വ ജ്ഞാനനിഷ്ഠത്വം അതാ വേണ്ടത് എന്ന് വെച്ചാൽ ഹേതുവിൽ ദിഷ്ടാന്തത്തെയല്ല കൊണ്ടുവരേണ്ടത് ദിഷ്ടാന്തത്തിൽ ഹേതുവിനെ കൊണ്ടുവരണം അപ്പൊ ഒന്നാമത്തേക്ക് വിഷയം എന്താണ് പദവിഷയത്വം ഒന്നാമത്തത് രണ്ടാമത്തത്വം രണ്ടാമത്തേതാണ് പദവിഷയത്വം ആ ജ്ഞാനനിഷ്ഠം പദവിഷയത്വം മനസ്സിന് കൂടെ കാണണം പദ എവിടെ അടിയിലാണോ ജ്ഞാനനിഷ്ഠം മേളിലാണോ അത് വളരെ പ്രധാന അതേ രണ്ടുപേര് രണ്ട് സീറ്റ് ഇരിക്കുകയാണ് ജ്ഞാനം പദവിഷയം എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും ആരാരുടെ മേളില് ഇല്ല രണ്ടുപേര് രണ്ട് ചേർല് പദവിഷയം രണ്ടുപേര് രണ്ട് ചേർലിരിക്കും അടുത്ത് ജ്ഞാനനിഷ്ഠം പദവിഷയത്വം ആര് എവിടെയിരിക്കുന്നു രണ്ടും പേരെ വേറെനിഷ്ഠം പദവിഷയത്വം മാറ്റമുണ്ടാകും ഏവിഷയത്വം രണ്ടുപേരും എവിടെയിരിക്കുന്നു അതാ ചോദിക്കുന്നത് മനസിലായോ പദവിഷയത്വ ജ്ഞാനത്തിൽ വന്നു അപ്പൊ അപ്പൊ ജ്ഞാനനിഷ്ഠമായി എന്ത് പദവിഷയത്വം വിഷയത്വം എല്ലാരും ഇത് തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് മൂന്നാമത്തെ വിഷയം എന്താണ് പദവിഷയത്വം പോയി പദവിഷയത്ത് ജ്ഞാനനിഷ്ഠത്വം ആരടിയിൽ ആരും മേളില് പദവിഷയത്വം ജ്ഞാനനിഷ്ഠത്വം മേളില് അവസാനേ വരത്തുള്ളു ആദ്യമേ അടിയിൽ മേളില് നോക്കരുത് മനസ്സിലായോ ക്രമമായിട്ട് വരണം ഫസ്റ്റ് എങ്ങനെ ഞാൻ ഈ പറയുന്ന രീതിയിൽ തന്നെ ചിന്തിക്കണം നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കരുത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുണ്ട് എക്സസ് ബുദ്ധിയാണ് പക്ഷെ ഇവിടെ ഉപയോഗിക്കരുത് മനസിലായി എക്സസ് ബുദ്ധി ഇവിടെ ഉപയോഗിക്കരുത് തൽക്കാലം മാറ്റി വയ്ക്കുക പറയുന്ന ഇക്വേഷൻ അതുപോലെ പോവുക അല്പവും അതിക്രമം കാണിച്ചുള്ളത് ഫസ്റ്റ് ഈസ് ഈക്വൽ ടു പദവിഷയം പദ വിഷയം തൊന്നില്ല അവിടെ പദവിഷയം സെക്കൻഡ് അതാണോ ജ്ഞാനനിഷ്ഠ മീസിക്കൽ ടു മൂന്നാമത് മാറി ജ്ഞാനനിഷ്ഠത്വം ഈ മൂന്നും സ്റ്റെപ്പും കറക്റ്റായി ചിന്തിച്ചു വന്നുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ചോദ്യം വരത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോടും ചോദിക്കും നിങ്ങളുടെ മനസ്സിനും ചോദ്യങ്ങൾ വരും അപ്പൊ ഒരു കടമ്പ കാണുന്നത് ഏതാണോ പിന്നെ അവിടെ തന്നെ എന്തുവരണം സാധ്യമെന്താണോ സമ്മത്വം ഇതേ സ്റ്റെപ്പുകൾ തന്നെ ഇത് മനസ്സിലായാ മനസ്സിലാക്കാനൊന്നുമില്ല അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ആത്മനിഷ്ഠ ആയിക്കോട്ടെ ആത്മനിഷ്ഠം പോയി പോയി അതിബുദ്ധി അതിബുദ്ധി പറഞ്ഞതുപോലെ ചിന്തിക്കാനാ പറഞ്ഞത് ഈക്വൽ ടു ആത്മനിഷ്ടം പോയി പോയി ആ അതാണ് ഇപ്പൊ പറഞ്ഞ ഇപ്പ ആരാ പറഞ്ഞത് അതൊന്നുകൂടെ പറഞ്ഞേ ആത്മാക്വൽ ടു പദവിഷ എം പദവിഷയം അവിടെ തുടങ്ങും ഫസ്റ്റ് ശരിയായി ആദ്യത്തെ സ്റ്റെപ്പ് ശരിയായി ഈക്വൽ ടു പദവിഷയം സെക്കൻഡ് ആത്മനിഷ്ഠം ഈക്വൽ ടു ആത്മനിഷ്ഠം ഈക്വൽ ടു പദവിഷയത്വം ലാസ്റ്റ് സ്റ്റെപ്പ് പദവിഷയത്വ ആത്മനിഷ്ഠയത്വ ആത്മനിഷ്ഠത്വം ഫിനിഷ് ആരടിയില് ആരും മേളല് അടിയില് അപ്പൊ ദൃഷ്ടാന്തത്തില് ഇനിയിപ്പം ചിന്തിച്ചു മറ മറിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ചിന്തിക്കണ്ട ഇവിടെ അങ്ങ് നിർത്തിയിരിക്കും ഇപ്പൊ മനസിലായല്ലോ ഇനി ചിന്തിച്ചാ കൊഴയുമെങ്കിൽ ചിന്തിക്കരുത് അപ്പൊ ഈ മൂന്ന് സ്റ്റെപ്പും കറക്റ്റായിട്ട് ഓർമ്മിച്ച് കഴിഞ്ഞാൽ എന്തോരും മതവിഷയത്വേ ആത്മനിഷ്ഠത്വം ജ്ഞാനനിഷ്ഠത്വം രണ്ടും വരുന്നു അപ്പോ ഹേതു സാധ്യയോടെ വന്നു നിഷ്ടാന്തത്തിൽ വന്നു ഹേതുവോടെ വന്നു പക്ഷത്തിൽ വന്നു അപ്പോ ഇവിടെ ഈ പക്ഷത്തിൽ എന്താ ശ്രദ്ധിച്ചത് അവിടെയാണ് ഈ ശ്രദ്ധിക്കേണ്ടത് ഇനി ഒരു സിമ്പിൾ കാര്യമുള്ളൂ ആത്മനിഷ്ഠത്വം എവിടെ ശ്രദ്ധിച്ചു ഘടയുഹോ സംബന്ധം അതായത് ഘടവും ജ്ഞാനവും തമ്മിലുള്ള ആ സംബന്ധത്തിൽ ആത്മനിഷ്ഠത്വം എന്നുണ്ടോ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണ് ആ സംബന്ധം ആത്മനിഷ്ഠമാണെന്നാണ് മനസ്സിലായോ നേരത്തെ തന്നെ പറഞ്ഞു ഘടവും ജ്ഞാനവും തമ്മിലുള്ള സംബന്ധം എവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു ജ്ഞാനത്തിലായിരിക്കും ഘടത്തിലും ഘട അപ്പൊ അതിന് ശേഷിക്കുന്ന ഏതാണ് അത് ആത്മാവായോ ആയി സംഗതി അതങ്ങനെ അനമിതി എന്ന് പറയുന്നത് എന്താണ് ഏ പക്ഷേ പക്ഷാദ്യ സാധിക്കുകയാണ് ആരെങ്കിലും ഘടത്തെ ആത്മാവെന്ന് പറയുമോ ഇനി ആരെങ്കിലും പറയണെങ്കി അവരുടെ ഉള്ളിലിരിക്കുന്ന ഘടമായിരിക്കും ഘടത്തെ ആർക്കോ ആത്മാവെന്ന് പറയാൻ പറ്റില്ല ശേഷിക്കുന്ന എന്താണ് പിന്നെ ശേഷിക്കുന്ന എന്താണ് ജ്ഞാനം ഘടം ആത്മാവ് അല്ലെങ്കി പിന്നെ ശേഷിക്കുന്ന ഏതാ ആത്മാവാകുന്നു അല്ല ഇനി ഘടമേ ആത്മാവാ ഘടത്തിന് ആത്മാവാകണമെന്ന് ആരെങ്കിലും വായിച്ചുണ്ടെങ്കിൽ അവിടെ തലക്കകത്ത് എന്തായിരിക്കും ഘടമായിരിക്കും അത് ചുട്ടടുത്ത ഘടമായിരിക്കില്ല പച്ച ഘടം എന്നുവെച്ചാ എന്താ സാധനം കളിമുണ്ണായിരിക്കും ഇത്രേ ഉള്ളു സംഗതി ഓം പൂർണമതം പൂർണ്ണമതം ഓമാ പൂർണ്ണമത പൂർണ്ണിയ പൂർണ്ണമാ ഭംഗം ശ്രീഗുരു നമു